മനുഷ്യർ ഒരൊറ്റ സമുദായമായിരുന്നു പിന്നീട് അള്ളാഹു സുബഹാനഹുവ ചാന സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായി പ്രവാചകന്മാരെ നിയോഗിച്ചു മനുഷ്യർക്കിടയിൽ അവർ തർക്കിച്ച കാര്യങ്ങളിൽ വിധിതീർപ്പ് നടത്തുന്നതിനായി സത്യത്തോടു കൂടിയ വേദഗ്രന്ഥം അവരോടൊപ്പം ഇറക്കുകയും ചെയ്തു വ്യക്തമായ തെളിവുകൾ വന്നതിനുശേഷം തങ്ങൾക്കിടയിലുള്ള അസൂയകാരണമായി ആ വേദഗ്രന്ഥം നൽകപ്പെട്ടവർ മാത്രമാണ് അതിൽ ഭിന്നത വരുത്തിയത് എന്നാൽ വിശ്വസിച്ചവർ തർക്കിച്ച കാര്യങ്ങളിലെ സത്യത്തിലേക്ക് അള്ളാഹു സുബഹാനഹുവ ചായാല തന്റെ അനുമതിയോടെ അവരെ നയിച്ചു അള്ളാഹു സുബഹാനഹുവച്ചായാല താൻ ഉദ്ദേശിക്കുന്നവരെ നേരായ പാതയിലേക്ക് നയിക്കുന്നു